Up to the summer band, студ there is no cycling in the land of God. haro yo yo yo oo youka cruzmanas kue hai MICHAEL PRAP PRAD CD с момент動画 I AM HEAL SANG 8 SANG nah pay są framework � ായണ സാഷവരാട്ട ഭേദവ്യ ഷത്ത് അത്രപനമഭിമാനം അനുഭവത്തിനശോതിഗന്ധ പ്രത്യുഭൂതം പുനഃ പുനഃ പ്രത്യനുഭൂതിഷ്ട്രും ചുതം അനുഭൂതം ചനുഭൂതം ച അസം പശ്യതിർ പശ്യതി ൃദയാകാ പ്രീതത്തിനടീഷ സ്വതംബാഭാ തർക്കത്തിന ജ്യോതിഷം നാധ്യത വിദ്യകർമ്മനിസന്തരമ പശ്യത്വകാര്യക തർക്കേണേ തന്നെ മനോമേഹ സ്വപ്നം സ്വപ്നത്തിലെന്താ സംഭവിക്കുന്ന തഥാ പ്രതീതിമിത്തവശ ജാഗ്രത ഗജാതീനം ഇതന്താനുഭവേന തദ്വസനാനം അപി ാണ് കാണുന്ന സ്വപ്നത്തിലെ ദൃശ്യങ്ങളായി മാറുന്ന മനസ്സാണ് പക്ഷെ മനസ്സില് പ്രത്യേകത എന്താണ് മനസ്സിന് നമ്മൾ എന്തെങ്കിലും അറിയുമ്പോൾ അത് എന്റെ മനസ്സ് എന്റെ ഉള്ളിൽ എന്നെ നമുക്കറിയാൻ കഴിയൂ എന്റെ ഉള്ളിൽ ഭയമുണ്ട് എന്റെ ഉള്ളിൽ ദുഃഖമുണ്ട് എന്റെ ഉള്ളിൽ സുഖമുണ്ട് എന്റെ മനസ്സിന് വേദനയുണ്ട് എന്നെല്ലാം പറയാറില്ലേ അപ്പൊ മനസ്സ് നുഭവം ഉണ്ടാകുമ്പോൾ അതവിടെ ഉള്ളിലാണ് തന്നിലാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് അതിനറിയുന്നത് ഇവിടെ ഇപ്പം പുറമേ പുസ്തകം കാണുമ്പോൾ ആർക്കും തോന്നാറില്ല ഇതെന്റെ ഉള്ളിലാണ് അങ്ങനെ ഇത് ബാഹ്യമാണിത് ആ പുറമേ പുസ്തകത്തെ കാണുന്നു അതിനാണ് ഇതന്ത അറിയുന്നു പറയുന്നത് ഈ വസ്തു ഇങ്ങനെ മറിച്ച് അങ്ങനെയല്ല അതുകൊണ്ട് കൂടെ രണ്ടിനും നമ്മൾ വേറെ വേറുതിരിക്കും മനസ്സ് കാണുമ്പോഴല്ല ഉള്ളിലെന്നുള്ള ബോധമുണ്ട് പുറമേ കാണുമ്പോൾ ഇത് പുറമേ എന്നുള്ള ബോധമുണ്ട് പുറമേ അതുകൊണ്ടങ്ങനെ പൊതുവെ പറയും വിദന്തയ ഉള്ളിലഹന്തയ കാണുന്നു എന്തായാലും മനസ്സ് കാണുന്ന ഒരു വസ്തുവിനെ അത് സുഖമായാലും ദുഃഖമായാലും ഉള്ളിൽ എന്നുള്ള രീതിയിലാണ് നമ്മളറിയുന്നത് സ്വപ്നം മനസ്സിന്റെ ആണ് അനുഭവമെങ്കിൽ സ്വപ്നത്തിൽ ഉള്ളിൽ എന്നുള്ള അനുഭവമേ പാടുള്ളൂ സ്വപ്നം കാണുന്നവനോ അതാ ഉള്ളിൽ എന്നുള്ള അനുഭവം ഉണ്ടാവും പക്ഷെ സ്വപ്നം കാണുമ്പോ അങ്ങനെ അനുഭവം ഉണ്ടാവും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഈ ജാഗ്രതയിലെങ്ങനെയാണ് ഉള്ളും പുറവും കാണുന്നത് അതുപോലെ സ്വപ്നത്തിനും കാണുന്നു സ്വപ്നം കാണുന്നവൻ അവന്റെ ഉള്ളിൽ വേദന വരുന്നു സുഖം വരുന്നു പുറമെ അവൻ ആനയും കുതിരയുമെല്ലാം കാണുന്നുണ്ട് അപ്പൊ മനസ്സാണ് സ്വപ്നത്തെ ഉണ്ടാക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ഭേദം വന്നു അതിനാണിവിടെ സമാധാനം പറഞ്ഞത് ഇപ്പോ അവിടെ ജാഗ്രതയിലായാലും സ്വപ്നത്തിലായാലും അനുഭവം സ്വദുക്കാനുഭവങ്ങൾ വേണമെങ്കിൽ അവിടെ വിഷയാനുഭവം വേണം വിഷയാനുഭവമില്ലാതെ സുഖ ദുഃഖാനുഭവം ഉണ്ടാകത്തില്ല അനുകൂലമായ വിഷയങ്ങളാണെങ്കിൽ സുഖം പ്രതികൂലമാണെങ്കിൽ ദുഃഖം അപ്പം അവിടെ സ്വപ്നത്തിൽ ഒരാൾ സ്വദുഃഖങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ യുക്തിയാണ് ജാഗ്രതത്തിൽ എന്തുകൊണ്ട് സുഖം ദുഃഖം അനുഭവിക്കുന്നു അതിന് നിമിത്തമായ കർമ്മങ്ങളുള്ളതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിലും നിമിത്തമായ കർമ്മങ്ങളുണ്ട് കർമ്മങ്ങളുണ്ട് അവിടെ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു അതിനൊരു വ്യവസ്ഥയിൽ എപ്പോഴും സുഖം അല്ലെങ്കിൽ എപ്പോഴും ദുഃഖം ഒന്നു മാറി മറ്റൊന്നങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടെങ്കിൽ അത് കർമ്മമാണ് ആ കർമ്മത്തിനനുസരിച്ച് അവിടെ കർമ്മം ഉണർന്നുവരുന്നു കർമ്മത്തിനനുസരിച്ച് ആ സംസ്കാരം ഫലം കൊടുക്കാൻ തയ്യാറാകുന്നു കർമ്മ സംസ്കാരങ്ങൾ അത് ഉണർന്നു വരുന്നു അല്ലെങ്കിൽ ഉദ്ബുദ്ധമാകുന്നു എന്ന് പറയും അങ്ങനെ വരുമ്പോൾ ഉള്ളിൽ അനുഭവങ്ങളുണ്ടാകുന്നു അനുഭവങ്ങൾ തുടർന്ന് സുഖ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ ഉള്ളിൽ ഉണർന്നു വരുന്ന ആ സംസ്കാരങ്ങൾ ആ സംസ്കാരങ്ങൾ രണ്ടു തരത്തിലാണ് അഹന്തയും ഇദന്തയും ഉള്ളത് എന്തുകൊണ്ട് ആ സംസ്കാരങ്ങൾ ജാഗ്രത അനുഭവത്തിൽ നിന്നുണ്ടായതാണ് ജാഗ്രത അനുഭവം എപ്പോഴും അഹന്തയും ഇദന്തയുമായി എപ്പോഴും പിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന സംസ്കാരങ്ങൾക്കും അത് തന്നെ സ്വഭാവം അതും അഹന്താരൂപത്തിലും ഇദന്താരൂപത്തിലും നിൽക്കുന്നു ആ സംസ്കാര നിമിത്തമായി അവിടെ പ്രതീതി ഉണ്ടാകുമ്പോൾ ആ പ്രതീതിയിൽ അഹന്ത ഇദന്തയും വരുന്നു അതിന് കാരണം ജാഗ്രതത്തിലെ സംസ്കാരങ്ങളാണ് അവിടെ മനസ്സിലാണ് കാണുന്നതെങ്കിലും നിമിത്തമായ സംസ്കാരങ്ങളിൽ അഹന്തയും ഇദന്തയും ഉള്ളതുകൊണ്ട് സ്വപ്നത്തിലെ അനുഭവങ്ങളും ജാഗ്രതത്തിലെ അനുഭവങ്ങളെപ്പോലെ തന്നെ അഹന്താരൂപത്തിലും ഇതന്താരൂപത്തിലും അനുഭവപ്പെടുന്നു അത് പറയാൻ വേണ്ടിട്ടാണ് ഈ മനസ്സി അവിദ്യ കാമ കർമ്മ നിമിത്ത ഉദ്ഭൂതവാസനാവതി അവിദ്യ കാമകർമ്മനിമിത്തമായ പ്രകടമായ വാസനയോടുകൂടിയതാണ് മനസ്സ് അവിടെ കർമ്മനിമിത്ത വാസന അവിദ്യയാമിത്തമായ വാസന അവിദ്യ കൊണ്ട് അന്യ മനസ്സ് വസ്തുരമയോ പശ്യത മനസ്സിനെ തന്നെ എല്ലാമായി കാണും എല്ലാമായി കണ്ടാലും അഹന്തേടി ഇതം തേടി സംസ്കാരമുള്ളതുകൊണ്ട് അവിടെ ഇതാ ആനയാണ് കുതിരയാണെന്നെല്ലാം പറഞ്ഞു സർവകാര്യകർണേഭ്യ പ്രയുക്ത അവിടെ ഈ കാര്യകർണങ്ങളിൽ നിന്നെല്ലാം വേർതിരിഞ്ഞിരിക്കുന്നതാണ് അവിടെ ഈ സ്വയംച്യോതിസായിരിക്കുകയാണ് പ്രവിക്തനായിരിക്കുന്നു വേർതിരിഞ്ഞിരിക്കുന്നു ദൃഷ്ടോ ദൃഷ്ടാവായ ആ പുരുഷൻ വാസനാഭ്യോ ദൃശ്യരൂപാഭ്യോ അന്യത്വേന അവിടെ വാസനാരൂപത്തിലുള്ള ദൃശ്യരൂപങ്ങളിൽ നിന്ന് അന്യനായി സ്വയം ജ്യോതിസായി സ്വയം ജ്യോതിഷം അത് നിൽക്കുന്നു സ്വയം ജ്യോതിസായി മനസ്സോ വിഷയത്വേന വിഷയിത്വ അസംഭാ വിഷയിന ആത്മനേവ പ്രകാശരൂപത്വം അവിടെയും പറയുന്നു അത്ര ദേവ സ്വപ്നാൻ എന്നാണ് മനസ്സിനെ കുറിച്ച് പറഞ്ഞു അപ്പം അവിടെ പ്രകാശം മനസ്സിനാണോ അതേ പുരുഷനാണോ പുരുഷന് തന്നെയാണ് പരമാർത്ഥത്തിലുള്ള ജ്ഞാനം പുരുഷന്റെ സ്വരൂപം തന്നെയാണ് പക്ഷെ മനസ്സും ജ്ഞാനമയമാകും പുരുഷ പുരുഷന്റെ സാന്നിധ്യത്തിൽ ആ മനസ്സും ജ്ഞാനമയമാകും മനസ്സിൽ വിഷയങ്ങൾ വിടെയും പ്രകാശസ്വരൂപനായിരിക്കുന്നത് പുരുഷൻ തന്നെയാണ് അവിടെ നോക്കുമ്പോൾ സുഷൃത്തിയാണ് ഒരു വ്യത്യാസമില്ല സുഷുത്തിനും പുരുഷൻ സ്വയംപ്രകാശസ്വരൂപനാണ് ഇവിടെയും അങ്ങനെ തന്നെ ഇവിടെ മനസ്സിൻ്റെ സാന്നിധ്യമുണ്ട് അവിടെ അതില്ല അവിദ്യ കാമ കർമ്മ നിമിത്ത ഉദ്ഭൂതവാസന ഇവിടെയുണ്ട് പ്രകടമായ വാസനകൾ ഇവിടെയുണ്ട് അവിടെ അതൊന്നുമില്ല അവിടെ പറയും ശിവം ശാന്തം അദ്വയം പക്ഷെ രണ്ടിടത്ത് ഇനി രണ്ടിടത്തും ശിവം ശാന്തം അദ്വയമാണ് എപ്പോ ഈ ഉദ്ഭൂതവാസന എന്നുള്ളതിനെ വിട്ടുകഴിഞ്ഞ് മനസ്സിന് സ്വപ്നത്തിൽ ഉദ്ഭൂതവാസനയോടുകൂടി നിൽക്കുന്നു എന്നുള്ള ഭാഗത്ത് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ ശേഷിക്കുന്നത് എന്താണ് ശാന്തം ശിവം അദ്വയം അതുതന്നെയാണ് സ്വപ്നത്തിൽ പക്ഷേ അവിടെയും ഈ മനസ്സിനോട് താതാന്മ്യത്തിലിരിക്കുന്നോണ്ട് അങ്ങനെ ശിവം ശാന്തം അദ്വയം എന്നുകൂടെ പറയുന്നില്ല അതാത് വാസ്തവത്തിലതാണെങ്കിലും അത് പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ അവിടെ ോട് കൂടിയിരിക്കുന്നുണ്ട് ഈ സ്വയം ജ്യോതിഷ സ്വരൂപത്തെ സുതർപ്പിതേന വി താർക്കുക നിഷേധിക്കാൻ ഒരു പറയുക സാധ്യമല്ല തസ്മ സാധുക്കൊണ്ട് പറയും ശരിയാണ് മനസ്സി പ്ര കർണങ്ങളെല്ലാം മനസ്സിൽ വിലയിച്ചിരിക്കെ അപ്രളീനിച്ച മനസ്സി മനസ്സ് വിലയിക്കാതിരിക്കേ കർണങ്ങളെന്ന് പറയുമ്പോൾ ഈ ജാഗ്രത്തിൽ ഉള്ള ഈ കർണങ്ങളെല്ലാ സ്വപ്നത്തിൽ മനസ്സിൽ വിലയിച്ചു മനസ്സെന്നാ വിലയിക്കുന്നില്ല മനോമയ സ്വയം ജ്യോതിഷായ പുരുഷൻ തന്നെ മനോമയനായി മനോമയനാകാന്ന് വെച്ചാൽ മനസ്സിനോട് താതാമ്യമുള്ളവനായി മനോരൂപനായി സ്വപ്നാൻ പശി സ്വപ്നത്തെ കാണുന്നു കഥ മഹിമാനം അനുഭൂതിച്ചത് മനസ്സ് മഹിമയെ അനുഭവിക്കുന്നു അതിന് പലതായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു നാനാഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു അതാണ് അവിടെ അനുഭവിക്കുക എന്ന് പറഞ്ഞു അത് വിശദീകരിക്കുന്നു യന്മിത്രം പൂർവദൃം തദ്ദേശമിത്രാദിവാസൂതം മിത്രം അവിദ്യയാ പശ്യതിന്യത സ്വപ്നത്തിൽ എന്ന മിത്രം പുത്രാദിക പൂർവം ദുഷ്ടൻ ജാഗ്രത കണ്ടത് പുത്രമിത്രാദികൾ തദ്വാസനാവാസിത ആ അന്ധകർണ ആവാസനയോടുകൂടിയതായി പുത്രമിത്രാദിവാസനാ സമുദ്ഭൂതം ആ വാസനകളിൽ നിന്നും പ്രകടമാകുന്നു എല്ലാവരുടെ മനസ്സിൽ പ്രകടമാകുന്നു പുത്രം മിത്രം വാസവത്തിൽ പുത്രനോ മിത്രൊന്നുമില്ല അവിടെ നല്ലതുപോലെ പുത്തിരിപ്പോലെ മിത്രനെപ്പോലെ എല്ലാം അവിദ്യയാ അവിദ്യാരൂപത്തിലുള്ള ആ മനസ്സുകൊണ്ട് ആ ദൃശ്യത്തെ മൊത്തം വിളിക്കുന്ന അവിദ്യ അത് ആ മനസ്സ് തന്നെയാണ് അവിദ്യാരൂപത്തിലുള്ള മനസ്സെന്ന് പറയാം പശു തീത്യവും മഞ്ഞത്തെ അങ്ങനെ കാണുന്നു തഥാശ്രിതം അർത്ഥം തദ്വാസനയ അനുഷ്ഠോതി അതുപോലെ കേട്ട കാര്യങ്ങൾ സ്വപ്നത്തിൽ ആവാസന കൊണ്ട് വീണ്ടും കേൾക്കുന്നത് പോലെ ദേശ ദിഗന്തിരിച്ച ദേശാന്തരീ ദിഗന്തരീഷ പ്രത്യനുഭൂതം പുനഃ പുനഃ ഇവ മറ്റ് ദേശത്ത് മറ്റ് ദിക്കില് മറ്റ് കാലത്തിലൊക്കെ അനുഭവിച്ചത് ജാഗ്രത പുനഃ വീണ്ടും വീണ്ടും എന്താണ് തത്പ്രത്യ ഇവ വിദ്യയോ വീണ്ടും ആ വിദ്യകൊണ്ട് വീണ്ടും അനുഭവിക്കുന്നതുപോലെ അവിടെ ആ അവിദ്യ അവിടെ മായ എന്ന് പറയുന്ന ആ മനസ്സ് തന്നെയാണ് തഥാ അധിഷ്ടം ജസ്മിൻ ജന്മന് അധിഷ്ഠം ച ജന്മാന്തര അധിഷ്ഠം ഇവിടെ ഇത്തരത്തിൽ പറഞ്ഞത് ദുഷ്ടം ച അധിഷ്ഠം ച എന്ന് പറഞ്ഞു കണ്ടതിന് ഈ സ്വപ്നത്തിൽ അനുഭവിക്കുന്നു കാണാത്ത കാണാത്ത എങ്ങനെ സ്വപ്നത്തിന് അനുഭവിക്കും അതുകൊണ്ട് ഭാഷ്യകാരം പറഞ്ഞു ദിഷ്ടൻ ജാസ്മിൻ ജന്മനി ഈ ജന്മത്തിൽ ഈ ജന്മത്തിലെ ജാഗ്രതകളിൽ കണ്ടത് അതിഷ്ടം എന്ന് പറഞ്ഞാൽ ജന്മാന്തരദിഷ്ടം പൂർവ്വജന്മങ്ങളിൽ അത് രണ്ടു മൂന്ന് സ്ഥലത്ത് ഭാഷ്യത്തിൽ വന്നിട്ടുണ്ട് സ്വപ്നത്തിലെ അനുഭവങ്ങൾ ഈ ജന്മത്തിലെ അനുഭവങ്ങൾ മാത്രമല്ല പൂർവ്വജന്മത്തിലെ അനുഭവങ്ങളും കാണുന്നു എന്നാണ് ഒരാൾ തൻ്റെ വിളച്ചേദം സ്വപ്നത്തിൽ കാണുന്നു ആരോ തൻ്റെ കഴുത്ത് കട്ടിട്ട് കുറിച്ചു കളഞ്ഞായിട്ട് ഈ ജന്മത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ സംഭവിച്ചെങ്കിൽ സ്വപ്നം കാണാൻ കഴിയത്തില്ല പക്ഷെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് പൂർവ്വജന്മങ്ങളിലെയാണ് അപ്പോൾ ഇവിടെയെല്ലാം പൂർവ്വജന്മത്തെ ആശ്രയിക്കുന്നത് പക്ഷി താരൻ പൂർവ്വജന്മത്തെ അംഗീകരിക്കുന്ന ആളാണ് ഇപ്പ ജന്മ ജന്മാന്തരങ്ങളെന്ന് പറയാറുണ്ടല്ലോ അത് ശരി ഏകവും അദ്വീയവുമായ തത്വം തന്നെയാണ് രണ്ടാമതൊന്നുമില്ല പക്ഷേ വ്യവഹാരത്തിൽ വരുമ്പോൾ ഈ ജന്മം ഉണ്ടെങ്കിൽ പൂർവ്വജന്മുണ്ട് എന്നുള്ള പക്ഷമാണ് അങ്ങനെ ഈ സ്വപ്നത്തിൽ എന്തെങ്കിലും കാണുന്നു ഇതുവരെ കാണാത്തതാണെങ്കിൽ അത് പൂർവ്വജന്മത്തിൽ കണ്ടതായും മനസ്സിലാക്കണം അത്യന്താതിഷ്ഠയ വാസനാനുഭവത്തെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ പിന്നെ അതിലങ്ങനെ വാസന ഉണ്ടാകും അപ്പോൾ വാസന ഉണ്ടാവണമല്ലോ ഇനി വാസനയെന്നും കാരണമല്ല സ്വപ്നം എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട് ചൂടിപ്പാതല്ല പറയുന്നു അങ്ങനെ ഒരു പ്രക്രിയ ജാഗ്രതം സ്വപ്നവും സുഹൃത്തും എല്ലാം വെഹ്വേറെ ഒന്നിനും മറ്റൊന്നിനോട് ബന്ധമില്ല അങ്ങനെ പറയുന്ന ഒരു വിചാര രീതിയുണ്ട് അത്യന്താദിഷ്ട വാചനാനുഭവത്തെ ദേശവും അനുഭവിച്ചിട്ടുള്ള ഇത് കാണാൻ പറ്റത്തില്ല കാണുന്നുണ്ടെങ്കിൽ വാസനയുണ്ട് വാസനയുണ്ടെങ്കിൽ പൂർവ്വപൂർവ്വ ജന്മങ്ങൾ കണ്ടതാണ് തഥ ഏവൻ ശ്രുതം അശ്രുതം ച ഈ ജന്മത്തിൽ കേട്ടത് പൂർവ്വ ജന്മങ്ങളിൽ കേട്ടത് അനുഭൂതം ജസ്മിൻ ജന്മനിക്ക് മനസ്സുഭൂതം മനസ്സീ ജന്മ അനുഭൂതം പിന്നെ അനുഭൂതം ജനനുഭൂതം അനുഭവിച്ച ഈ ജന്മത്തിൽ മനസ്സുകൊണ്ട് കാരണം മറ്റേ പേരെ പറഞ്ഞല്ലോ ദുഷ്ടം ശ്രുതം എന്നെല്ലാം പറഞ്ഞു ഈ ജന്മത്തിൽ മനസ്സുകൊണ്ട് അനുഭവിച്ചത് അനനുഭൂതം എന്ന് പറഞ്ഞാലോ മനസ്സേ ജന്മാന്തര അനുഭൂതം പൂർവ്വപൂർവ്വ ജന്മങ്ങളിലെന്നോ മനസ്സുകൊണ്ട് അനുഭവിച്ച സ്വപ്നത്തിൽ കാണും ഈ ജന്മത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത പരവമായ സുഖത്തെ സ്വപ്നത്തിൽ കാണും അതെവിടുന്നോന്നു ഈ ജന്മത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത പരവമായ ദുഃഖത്തെ അനുഭവിക്കുന്നു ഈ വ്യാഗ്രഹത്തിൽ ഈ ജന്മത്തിൽ നല്ല ധീരനായിരിക്കുന്നവൻ നല്ല ധൈര്യങ്ങളാണ് ആ സ്വപ്നത്തിൽ വല്ലാതെ ഭയക്കുന്നു പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിൽ സംസ്കാരമില്ല ഈ ജന്മത്തിൽ വലിയ ശാസ്ത്ര ജ്ഞാനിയായിരിക്കുന്നു സ്വപ്നത്തിനാൻ സ്വയം തന്നെ ഒരു വെറും മൂർഖനായി അറിയുന്നു ഈ ജന്മത്തിലവൻ മുർഖനായിരുന്നില്ല അവൻ അധ്യയനം ചെയ്തവനാണ് പക്ഷെ വെറും മൂർഖൻ സ്വപ്നത്തിൽ അവനോട് വേദം ചൊല്ലാൻ ആവശ്യപ്പെടുന്നു അവന് ചൊല്ലാൻ കഴിയുന്നില്ല ഒന്നും അറിയില്ല അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് ജന്മങ്ങളിൽ അങ്ങനെയൊക്കെ അതുകൊണ്ട് കേവലേനും മനസ്സ് അസ്മിൻ ജന്മനി കേവലേനും മനസ്സാനുഭൂതം മനസ്സിക ജന്മാന്ത അനുഭൂതം അങ്ങനെ ഉദാഹരണം പറഞ്ഞ പരമാർത്ഥ ഉതകുന്നെച്ചാൽ സാധാരണ ജലം സ്വപ്നത്തിൽ കാണും അസച്ഛ മരിച്ചുതാ സ്വപ്നത്തിലും മരുമരു മരുഭൂമി കാണും സ്വപ്നം തന്നെ മരുമരീച്ച പോലെയാണ് പക്ഷെ അവിടെ തന്നെ കാണാൻ മരുമരീശ് ഒരാൾ സ്വപ്നം കാണുന്നു ഞാനെന്താ സർപ്പത്തെ കാണുന്നു ഭയക്കുന്നു മരൂ മരിചി കാണുന്നു അവിടേക്ക് വെള്ളം കുടിക്കാൻ പോകുന്നു ഇതൊക്കെ സ്വപ്നത്തിലും ഉണ്ടാകും സത്തസത്ത അനുഭവങ്ങൾ സ്വപ്നം അവ്യവസ്ഥിതമാണ് നിത്യാഗ്രഹത്തിന് തത്വജ്ഞാനനിഷ്ഠയോടുകൂടിയിരിക്കുന്ന ഒരാൾ സ്വപ്നത്തിൽ ജ്ഞാനശൂന്യനായി ഞാൻ അജ്ഞനാണ് അങ്ങനെ സംഭവിക്കാമോ ഇവിടെ ഈ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ സംഭവിച്ചാൽ സ്വപ്നത്തിൽ ജാഗ്രതയിലായാലും നല്ല ജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു സ്വപ്നത്തിലും ജാഗ്രതയിലയാൾ ജ്ഞാനിയാണെങ്കിൽ സ്വപ്നത്തിലും ഞാനേ ആണ് പക്ഷെ പൂർവ്വജന്മത്തിലെ അജ്ഞാനിയായിരുന്നു അപ്പോൾ ഇവിടെ ജ്ഞാനിയായിരുന്നിട്ടും പൂർവ്വജന്മത്തിൽ അജ്ഞാനം കൊണ്ട് അയാൾ സ്വപ്നത്തിൽ അജ്ഞാനിയാകും ആയിക്കൂടെ എന്ന് ചോദി ഇതനുസരിച്ചിട്ട് ഒന്ന് ഇവിടെ പ്രത്യേകമായി മനസിലാകും മനുഷ്യനേതു വഴിക്കും ചിന്തിക്കും നേർ വഴിക്കോട്ട് ചിന്തിക്കത്തല്ല ഇങ്ങനെ ചിന്തിക്കും ശരി ഈ ജാഗ്രത ജ്ഞാനിയാണ് അതുകൊണ്ട് അയാളെ സ്വപ്നത്തിന് പക്ഷെ പൂർവ്വജന്മത്തിൽ അജ്ഞാനിയായിരുന്നു അയാൾ സ്വപ്നത്തിൽ അജ്ഞാനിയുമാണ് ഇപ്പൊ ജാഗ്രത്തിൽ ജ്ഞാനം കൊണ്ടെന്താ പ്രയോജനം ഈ ഒരവസ്ഥയിലെ പ്രയോജനമുള്ള സ്വപ്നത്തിന് വീണ്ടും അയാൾ അജ്ഞാനിയായില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് ആരോടാണ് ചോദ്യം എന്നുള്ളത് തത്വജ്ഞാനം ഉള്ളതിനോടാണ് ചോദ്യം എപ്പോഴാണ് ചോദ്യം ജാഗ്രത്തിൽ ഇപ്പൊ ജാഗ്രത തത്വജ്ഞാനം ഉള്ളതിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ജാഗ്രതയിലെ തത്വജ്ഞാനത്തിന്റെ സ്വഭാവം എന്താണ് ജാഗ്രത സ്വപ്ന സുഷുതികളിൽ ഈ മൂന്നവസ്ഥകളിലും താൻ അജ്ഞാന സംശയ വിപര്യങ്ങൾക്കൊന്നും അതീതനാകാത്ത ധീനാകാത്ത അതിനെല്ലാം അതീതനായ ആത്മസ്വരൂപമാണെന്നുള്ള ബോധമാണ് അതാണ് ബോധം മൂന്നവസ്ഥയിലും ഏത് കാലത്തും ഏത് ദിക്കിലും ഏത് ദേശത്തിലും നിത്യമുക്ത സ്വരൂപനാണ് ബോധമാണ് ഇതാണ് ജാഗ്രതത്തിലെ ബോധം അപ്പം ആ ജാഗ്രതത്തിലെ ബോധം സുഷുപ്തിയോ സ്വപ്നത്തെയോ ഒന്നും മാറ്റി നിർത്തുന്നില്ല എല്ലാവസ്ഥയിലും താൻ കാലദേശങ്ങൾക്ക് അതീതമായി ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെന്നാണ് ജാഗ്രത് ബോധം ഈ ബോധത്തിൽ ഈ ജ്ഞാനത്തിൽ അജ്ഞാനത്തിന് സ്ഥാനമില്ല ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുതിയിലോ ഒന്നും അജ്ഞാനത്തിന് സ്ഥാനമില്ല കാരണം അവിടെ ജാഗ്രത സ്വപ്നത്തിൽ സുഹൃത്തിയിൽ വേറെ വേറെ തത്വത്തെല്ലാം കാണുന്ന ഏകമായ തത്വം തന്നെയാണ് ഈ എല്ലാ വസ്തുക്കളും അതുകൊണ്ട് ചോദ്യോത്തരങ്ങളെല്ലാം ജാഗ്രത്തിലാണ് സംഭവിക്കുന്നത് ജാഗ്രത്തിലാണ് സമാധാനം ഇത് എന്താണ് ഒരാൾ മറ്റൊരാളോട് സമാധാനം പറയുന്നതല്ല തനിക്ക് തന്നോടുള്ള സമാധാനവും ജാഗ്രതത്തിലാണ് മുഴുവൻ തത്വജ്ഞാനത്തെക്കുറിച്ച് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവർക്കെന്താണ് തന്റെ സ്വരൂപം എന്നുള്ള ബോധമുണ്ടാകുന്നു ആ തത്വജ്ഞാനം അതാണ് ആ ബോധസമയക്കാണെങ്കിൽ അവിടെ പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്കും നിലയില്ല ചോദ്യം വന്നിട്ട് വേണ്ടേ ഉത്തരം കണ്ടുപിടിക്കുക ചോദ്യത്തിന് അവസരമില്ലാത്തടത്ത് പിന്നെ സമാധാനത്തിന് അവസരം അവസരമില്ല അപ്പൊ ഇവിടെ ഈ ജാഗ്രതയിൽ തന്നെ തത്വത്തെ ശരിയായി ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയിൽ നിന്ന് പേരിട്ട് സ്വപ്നമോ സുഷുപ്തിയോ അങ്ങനെയൊന്നുമില്ല ഇവിടെ തന്നെയാണ് ആ തത്വപ്രകാശം അവ അവിടെ ജാഗ്രത സംബന്ധിച്ച് സ്വപ്നത്തെ സംബന്ധിച്ച് സുഴുതിയെ സംബന്ധിച്ച് വെവ്വേറെ ചോദ്യങ്ങൾക്കൊന്നും അവകാശമില്ല അവൻ തന്നെ തന്നെ അറിയുന്ന എന്താണ് സച്ചിദാനന്ദ സ്വരൂപം അവിടുത്തെ പറയും ശിവം ശാന്തം അപ്പൊ തന്നെ തന്നെ സ്വയം ശിവൻ ശാന്തമായിരിക്കുമ്പോൾ പിന്നെ അവിടെ എങ്ങനെയാണ് ചോദ്യം വരുന്നത് അതുകൊണ്ട് അങ്ങനെ സ്വപ്നത്തിൽ അജ്ഞാനിയാകുമ്പോൾ ഇനി സുഹൃത്തിയിൽ അജ്ഞാനിയാകുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ് എന്തുകൊണ്ട് ജാഗ്രത ഇവിടെയാണ് ജ്ഞാനം ആ ജ്ഞാനത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് അവസരമുണ്ട് പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നു ആ തത്വജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരുവന്റെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ കടന്നു വരുന്നു ആ തത്വജ്ഞാനം സംശയരഹിതമായി ഒരുവന്റെ ഉള്ളിൽ കുറയ്ക്കുന്നത് വരെ ചോദ്യം വരുന്നതിലൊരു ദോഷമുണ്ട് അത് വന്നുകൊണ്ടേയിരിക്കും തത്വജ്ഞാനം സഹജമാകുമ്പോൾ പിന്നെ ചോദ്യത്തിനോട് അവകാശമില്ല അവിടെ ചോദ്യത്തിന് ഉയർന്നു വരുന്നതിനുള്ള ഇടമില്ല അവൻ നിശ്ചിന്തനായി തത്വജ്ഞാനത്തിൽ ചോദ്യം ഉണ്ടോ ഇല്ല പിന്നെ അവിടെ സമാധാനമില്ല മറിച്ചാണെങ്കിൽ തത്വജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന ഒരു ശ്രമത്തിൽ ചോദ്യമാണെങ്കിൽ അതിന് സമാധാനമുണ്ട് അപ്പോൾ ഇവിടെ അദ്വൈതത്തിൽ അദ്വൈത വിചാരത്തിൽ വിചാരമെന്ന് പറയുന്നതിന് ചോദ്യം വരുന്നു സമാനം വരുന്നു ചോദ്യം വരുന്നു സമാനം വരുന്നു ഈ രീതിയിലൊരു പോക്കാണ് ഇതിങ്ങനെ അന്തമില്ലാതെ അവസാനമില്ലാതെ ചോദ്യമുത്തരം ഈ രീതിയിൽ എന്നും ഓടിക്കൊണ്ടിരിക്കുമോ അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്തവിശ്രാന്തി എന്ന് പറയുന്ന ഒരാൾ സംഭവിക്കുന്നു സദാ അയാളുടെ ഉള്ളിൽ പ്രശ്നവും സമാധാനവുമായിട്ടൊരു നായകനെയാണ് ചിത്തവിശ്രാന്തി വരുന്നു പക്ഷെ ഇതിന്റെ ഫലം ചിത്തവിശ്രാന്തി ആണെന്താണ് തത്വനിശ്ചയത്തിൽ സംഭവിക്കുന്നതാണ് അപ്പോ തത്വ നിശ്ചയത്തില് ചിത്തവിശ്രാന്തിയിൽ അവിടെ പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് മനനം എന്നുള്ള നിലയ്ക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ ആകാം ഈ വരുന്ന തത്വനിശ്ചയത്തിൽ പിന്നെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാകൊണ്ട് അവിടെ മറുപടിയുമില്ല അതുകൊണ്ടാണ് ഗുരുവിനെ പലപ്പോഴും മൗനമായി ചിത്രീകരിക്കുന്നു ഗുരുവിനൊന്നും വിശദീകരിക്കാറില്ല തത്വനിശ്ചയത്തിൽ എന്താ വിശദീകരിക്കുക അതുകൊണ്ടാ സാധാരണഗതി വരുന്ന ചോദ്യങ്ങൾക്ക് സമാനം പറയാണ് ഇവിടെ ഒന്ന് എങ്ങനെയാണ് മനനം മുമ്പോട്ട് പോകേണ്ടത് മുമ്പോട്ട് പോകണമല്ലോ ചെറുത്തായിരിക്കും ചൂണ്ടിക്കാണിക്കും പിന്നെ എവിടെയാണ് മനസ്സോ മനനം അവസാനിക്കുന്നത് ചെറുത്തതായിരിക്കും വിശദീകരിക്കുന്നത് സർവം പശി എല്ലേയും അവൻ കാണുന്നു സർവം പശ്യതി സർവ പശ്യതി സ്വപ്നത്തെ കുറിച്ച് പറയുന്നു അവൻ സർവത്തെയും കാണുന്നു മാത്രമല്ല അവൻ സർവ പശ്യതി സർവവുമായി നിന്നുകൊണ്ട് തന്നെ അവൻ കാണുന്നു അതാണ് അവിടുത്തെ ഒരു വിശേഷത ആ കാച്ചുകളായി നിൽക്കുന്നതും അവൻ തന്നെ കാഴ്ചക്കാരനായി നിൽക്കുന്നു അവൻ തന്നെ അവൻ സ്വയം കാഴ്ചക്കാരനായി നിന്നുകൊണ്ട് അവൻ സ്വയം കാഴ്ചകളായി കാണുന്നു അണു ജ്ഞാനത്തിന്റെ മഹത്വം ചൈതന്യത്തിന്റെ മഹത്വം അണു സർവ പശ്ചിമോവാസനോപാധി സ അവൻ്റെ ഉള്ളിൽ എന്തെല്ലാം എന്തെല്ലാം സംസ്കാരങ്ങളുണ്ട് ഏതെല്ലാം സംസ്കാരങ്ങൾ ഉദ്ഭൂതമായി വരുന്നു ഇതിനോടെല്ലാം കൂടി ചേർന്നു വന്നുകൊണ്ട് ഉപാധികളോടുകൂടി ചേർന്ന് ഏവൻ സർവകർണാത്മാൻ സർവകർണങ്ങളായി വാസനാമയമായ കർണങ്ങളോ കൂടിയവനായി മനോദേവഹ മനോദേവൻ സ്വപ്നൻ സ്വപ്നങ്ങളെ കാണുന്നു അവിടെ ചൈതന്യത്തെ വിട്ടിട്ടുള്ള പറയും ഛായയോടുകൂടി മനോദേവൻ സ്വയം സ്വയം തന്നെല്ലാമായിരുന്നു കൊണ്ട് സ്വയം എല്ലാറ്റിനെയും കാണുന്നവനായി കാണുന്നു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു അവന് അടുത്ത് വീണ്ടും സുൽഫിയെ കുറിച്ച് പറയുന്നു സയ്യദാ തേജസ് അത്ര പശ്യത്തി അത് ശരീര सुम्या वयामसी വയാംസി വാസോവക്ഷം സമ്പ്രതിഷന് എംഭവ വൈ ത പര ആത്മനിഷന് പൃഥി പൃഥിമാത്രോമാത്രേജസ് തേജമാത്രുശ്ചാമാത്ര ആകമാത്രുശ്രഷ്ടം സ്രോതം ച ോതൃംഘ്യം ആസ്തൗ ആവസ്ഥ ആനന്ദം പായ വിസർജ്വ്യം പാദ ച ഗണ്വ്യം മനസ്സ മുദ്ധിശ്ചോദ്ധ്യം അഹങ്കാരം ചിത്രം ചേട്ടം തേജസ് വിദ്യോതൃ പ്രാണിച്ച വിധാരം യഷ ഹി ദ്രഷ്ട श्रोता मन्ता, कर्ता, घ्राता रसयिता मंद बोर्ता विज्ञानात्ष अक्षर आत्मेंद्रे स्वप्न विशीक സയദ മനോരൂപു ദേവു ആ ദേവൻ തന്നെ ഏതൊരു ദേവനാണോ ആ ചൈതന്യ യുക്തനായി മനസ്സ് മനോരൂപോ ദേവു യസ്മിൻകാലി സുഹൃത്തിയെ കുറിച്ച് പറയുന്നു പറഞ്ഞല്ലോ സുഹൃത്തിയെ കുറിച്ച് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടാണ് അതെപ്പോഴും മനസ്സി വെച്ചു കൊണ്ടുവേണം കുറിച്ച് ചിന്തിക്കാൻ ഒന്ന് ശരീരനിഷ്ഠമായ കാഴ്ചപ്പാട് ബാഹ്യ നിഷ്ഠമായ കാഴ്ചപ്പാട് മറ്റൊന്ന് ആന്തരികമായ സ്വരൂപനിഷ്ഠമായ കാഴ്ചപ്പാട് അവിടെ ബാഹ്യമായി എന്ത് സംഭവിക്കുന്നു യസ്മിൻകാലേജസ് പിത്തം എന്ന് പറയുന്നത് സൗര തേജസ് ആണ് ആയുർവേദം അനുസരിച്ച് ശരീരത്തിലെ പിത്തം എന്ന് പറയുന്നത് സൗര തേജസ്സാണ് അവിടെ നാടീശയേന സർവത്വവും ൂതഭൂതി ആ സുഷൃപ്തിയിലെന്താണ് നേരത്തെ പറഞ്ഞു എന്താണ് അവൻ പുരീത നാടിയിലേക്ക് ഈ ജീവൻ പ്രവേശിക്കാൻ തുടങ്ങുന്നു ഉടൻ തന്നെ മയക്കം വരുന്നു അവനങ്ങോട്ട് പ്രവേശിക്കുന്നു ഉടൻ തന്നെ സുഷുപ്തനായി എന്നെ ബാഹ്യബോധമില്ലാത്തവനായി അവിടെ അവൻ നടീശേനായി ശരീരത്തിലിരിക്കുമ്പോൾ സർവ്വതോ അഭിഭൂതോഭൂതി അവനെ അവനെ ഈ പിത്തം കീഴ്പ്പെടുത്തി കളയുന്നു പിത്തധാതുവിനവൻ പൂർണ്ണമായും കീഴ്പെട്ടുപോകുന്നുള്ള ആ പഴുതടച്ചു കളയും വാസനകൾ പ്രകടമായാൽ ഉടൻ സ്വപ്നം പക്ഷേ പുരീത നടിയിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ പിത്തം എന്ത് ആ പിത്തേജസ് അവനെ കീഴ്പ്പെടുത്തുന്നു പറഞ്ഞാൽ എന്താണിപ്പോ ഒരു ചെറിയ പ്രകാശം ആ പ്രകാശം ഇരിക്കുന്നിടത്ത് ഉദാഹരണം മിന്നാമിന് അതിന്റെ പ്രകാശം അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യൻ പ്രകടമാകുന്നത് സൂര്യനങ്ങോട്ട് പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രകാശം ആരും കാണുന്നുണ്ട് വലിയ തേജസ് ചെറിയ തേജസ്സിനെ കീഴ്പ്പെടുത്തിക്കഴിയും അപ്പോൾ ഈ ജീവന് ഈ ദേവൻ മനോരൂപനായ ദേവന് വാസനാരൂപത്തിലുള്ള ഒരു പ്രകാശമുണ്ട് പക്ഷെ ആ വാസനാരൂപത്തിലുള്ള പ്രകാശത്തിനെയും വലിയൊരു പ്രകാശം ഒന്ന് കീഴ്പ്പെടുത്തി കളയുന്ന അതാണ് ഇവിടെ പറയുന്ന പിത്ത തേജസ് പ്രകാശം അപ്പം അവന് പ്രകാശിക്കാൻ കഴിയുന്നില്ല എന്നുവെച്ചാൽ വാസനാരൂപത്തിൽ നാനാരൂപത്തിൽ സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാക്കാൻ അവന് ഇതൊരുതരത്തിലുള്ള വിശദീകരണമാണ് തിരസ്കൃതവാസനു തഥാ സഹ കരണ മനസ്സോ രശ്മയോ ഹൃദ്യ ഉപസംഹൃത ഭവന്തി അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു തഥാ സഹകരണർ കർണങ്ങളോടെ കൂടി ചേർന്ന് മനസ്സിന്റെ രശ്മികള സ്വപ്നത്തിൽ കാണുന്ന കാഴ്ചകളും മറ്റുമുണ്ടല്ലോ അത് ഹൃദി ഉപസംഹൃത ഭവന്തി ഹൃദയത്തിൽ ഉപസംഹരിക്കുന്നു അവിടെ വിലയിച്ചിരിക്കുന്നു ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ മൂകനായവിടെയിരിക്കുന്നു ആര് ഈ ദേവൻ മനസ്സ് ജീവൻ എന്നു പറയും അപ്പോൾ അതിനിടെ കാരണം പറയുന്നത് ഈ പിത്ത തേജസിന്റെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തി അതിൻ്റെ ഒരു എന്തുകൊണ്ടവിടെ ഈ ജീവൻ മൗനമായി പോയി എന്നുള്ളതിന് ഒരു ഭൗതികമായ വിശദീകരണം കൊടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അത് മത്സാധാരണ ചെയ്യാറില്ലേ എന്താണ് ഉറക്കം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ശരീരത്തെ തലച്ചോറിനെയൊക്കെ പഠിക്കാറുണ്ട് ഉപകരണങ്ങളൊക്കെ അവിടുത്തെ കാന്തിക പ്രവാഹത്തേക്ക് പഠിക്കും അവിടെ വൈദ്യുത പ്രവാഹമുണ്ടോ അതൊക്കെ പഠിക്കും അതുപോലെ ഒരു പഠനം ഒരു വിശദീകരണങ്ങളുടെ പറയുന്നു അതാണ് ശരീരദൃഷ്ടിയിൽ നോക്കിയാൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നു ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ഇവിടെ ഈ വളരെ ഊർജ്ജസ്വലമായിരുന്ന ഈ മനസ്സെല്ലാം അവിടെ വിലയിച്ചലീനമായിരിക്കുന്നു അതിനൊരു കാരണം പറഞ്ഞു അതൊരു ആയുർവേദ ശാസ്ത്രമനുസരിച്ചുള്ള ഒരു സമാധാനം പറഞ്ഞു അവരുടെ കിത്ത തേജസ് വർധിക്കുന്നതുകൊണ്ടാണ് മനസ്സിന് ഉണർന്ന് സ്വപ്നാവസ്ഥയിൽ പോകാൻ കഴിയാത്തത് എന്ന് അസു ഇവിടെ പറയുന്ന ഇതവലക്ഷണം ചിത്രേണ ബ്രഹ്മണ ചൈത്യവ്യദിഷ്ടവീൻ തന്മന പ്രാണയോപശ്രയതേ ശ്രുത്യന്തിരേണ പ്രാണശബ്ദത്തെ ബ്രഹ്മണി തസ്യ ലയഭിതാന എന്നി മറ്റു പറയാം ഇതെല്ലാം ഈ മനസ്സ് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ജീവൻ എന്തുകൊണ്ട് സുഷുത്തിയിൽ ആ സ്വപ്ന ബോധമൊന്നുമില്ലാതിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ളത് ശത്രു വീണ ബ്രഹ്മണ ബ്രഹ്മം അതിനെ കീഴ്പ്പെടുത്തിക്കളെ നേരത്തെ പറഞ്ഞ് പിത്തം കീഴ്പ്പെടുത്തി കൊണ്ടാണ് അത് ശരീരത്തിന്റെ തലത്തില് സംഭവിക്കുമ്പോൾ ജീവനെന്ത് ചെയ്യുന്നു ബ്രഹ്മത്തോടെ ഏകീഭവിക്കുന്നു ബ്രഹ്മപ്രകാശത്തിൽ അതൊരു പ്രകാശമേ അല്ല അന നിലനിൽപ്പില്ല ഉപ്പ് വെള്ളത്തിലേക്ക് അനിഞ്ഞതുപോലെ പിന്നെ അതിന് ഉപ്പായി നിൽക്കാൻ കഴിയുന്നില്ല പിന്നെ ഇവിടെ ഉപ്പ് ഉപ്പായി നിൽക്കുന്നു അപ്പം ബ്രഹ്മപ്രകാശത്തിൽ വരുമ്പോൾ ഈ ജീവപ്രകാശത്തിനവിടെ നിലയില്ല അതുകൊണ്ട് ചിലടത്ത് പറയും അവിടെ ഏകീഭവിച്ചു എന്ന് പറയും ചിലടത്ത് വിലയിച്ചെന്ന് പറയും ചിലടത്ത് ഏകീഭവിച്ചു എന്ന് പറയും അതിനെ തന്നെ ഭാഷകാരൻ വിശേഷിക്കുന്നതാണ് വിദ്യ അവിടെ കേവലമായ ബ്രഹ്മചൈതന്യം മാത്രം രണ്ടാമതൊരു വസ്തു അവിടെ ഇല്ല ഇതെങ്ങനെ ആ വസ്തു സ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗ്രഹിക്കുന്ന രീതി അതാണ് ആത്മതത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തുള്ള ഈ രണ്ടു തരത്തിൽ വരും ഒന്ന് ആത്മനിഷ്ഠമായി വരിക ഒന്ന് വസ്തുനിഷ്ഠമായി വരിക ആത്മനിഷ്ഠമായി വരുമ്പോൾ ഇതാ സംഭവിക്കുന്നു അവിടെ വേറെ പിത്തവും വാദവും ഗഫോ ഒന്നുമില്ല അവിടെ പിന്നെയോ ആ ജീവൻ ആ ബ്രഹ്മത്തിൽ അതാണ് ഇനി പറയാൻ പോകുന്നത് സംപ്രതിഷ്ഠത്തെ സംപ്രതിഷ്ഠനം അവിടെ താതാത്മ്യത്തിൽ ഏകീഭവനത്തിലിരിക്കുന്നു അതിന് അറിവിന്റെ ആവശ്യവും ജ്ഞാനത്തിന്റെ ആവശ്യവും അത് സഹജമായി തന്നെ സംഭവിക്കുന്നു അതീ സൃഷ്ടിയിൽ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജാഗ്രത് സ്വപ്ന സുഹൃത്തി ജാഗ്രത സ്വപ്നത്തിലും വാസന ഉദ്ഭൂതമായിരിക്കുക സുഹൃത്തിയിൽ എല്ലാം അടങ്ങിയിരിക്കുക അത് സൃഷ്ടിയിൽ ഇങ്ങനെ സംവിധാനം ചെയ്തിരിക്കുകയാണ് അവിടെ ഒന്നിൻ്റെ ആവശ്യമുണ്ട് സർവപ്രാണി സാധാരണമായിരിക്കുന്നു അപ്പോൾ അതും മനസ്സിലാക്കണമെന്നൂടെ പറയുക അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഒരിടത്ത് അങ്ങനെ പറഞ്ഞു പ്രാണൻ ഉണർന്നിരിക്കുന്നു മനസ്സ് വിലയിച്ചു എന്ന് പറയുന്നു ഇവിടെ പറയുന്നു ജീവ ബ്രഹ്മ എന്ന് പറയുന്നു ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്ത കൊണ്ടാണ് പറയുന്നത് എന്താണ് അവിടെ സംസ്കാരമുണ്ട് അവിടെ വാസനയുണ്ട് അവിടെ അവിദ്യയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ബളുണ്ടാക്കുന്നതാണ് അതെല്ലാം ശരിയാണ് പക്ഷേ അതെവിടെ വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെതായ സ്ഥാനത്ത് അതെല്ലാം ഉണ്ട് ശരീരം ഉണ്ട് എങ്കിലവിടെ മനസ്സുണ്ട് മനസ്സുണ്ടെങ്കിൽ അവിടെ അവിദ്യയുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ സ്വസ്വരൂപത്തിലോ അതൊന്നും നിലനിൽക്കുന്നില്ല എന്നർത്ഥം സ്വരൂപം എപ്പോഴും അങ്ങനെയാണല്ലോ സുഹൃത്തിൽ എന്ത് എന്തിനു വിശേഷിച്ച് പറയണം പറയുന്നു സുപ്തി എന്ന് പറയുന്ന വിശേഷമായ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അത് പറയുന്നു സ്വരൂപം എപ്പോഴും ഉണ്ടെങ്കിലും സുഷൃപ്തി എന്ന് പറയുന്ന വിശേഷിച്ചുള്ള അവസ്ഥ എപ്പോഴും ഇല്ല അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നു അഹാരഹ ബ്രഹ്മ സമ്പദ് നേരത്തെ പറഞ്ഞല്ലേ എല്ലായിടത്തും സ്വരൂപം തന്നെയാണ് പക്ഷെ സുഷൃപ്തി എല്ലായിടത്തും ഇല്ല അതായത് ജാഗ്രതയിരിക്കുന്നു അപ്പം അങ്ങനെയൊരവസ്ഥ ഉണ്ട് അപ്പം അവിടെ തന്റെ സ്വരൂപത്തിന്റെ സ്ഥിതി എന്താണ് എന്താ പറയുന്നത് അവിടെ ശരീരത്തിന്റെ സ്ഥിതി എന്താണ് ശരീരദൃഷ്ടി ചിന്തിക്കുകയാണെങ്കിൽ ഈ രണ്ടു തരത്തിലുള്ള ചിന്തയായെന്നും ഫലമൊന്നു തന്നെ എന്താണ് ഇനി ശരീരത്തിന്റെ ദൃഷ്ടി ചിന്തിച്ചാലും സ്വ സ്വരൂപദൃഷ്ടിയിൽ ചിന്തിച്ചാലും രണ്ടിൻ്റെയും പ്രയോജനം എന്താണ് ആ തത്വത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുക അതാണ് എന്റെ പറയുന്നത് അപ്പോ ഇവിടെ പറയുന്നു നല്ല ഉറങ്ങിക്കിടക്കുന്നു ശരീരത്തിൽ ഒന്നും നുള്ളിക്കഴിഞ്ഞാൽ ഉണർന്നു വരുന്നുണ്ടല്ലോ വേദനിച്ചിട്ട് അവിടെ സ്വരൂപസ്ഥിതനാണെങ്കിൽ തന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും അപ്പോ ഇവിടെ ഈ ജാഗ്രത്തിലും സ്വരൂപസ്ഥിതനാണ് എന്നിട്ട് ഇവിടെ ജാഗ്രത്തിലും ഇതൊക്കെ സംഭവിക്കുന്നില്ലേ മാത്രല്ല ഇവിടെ വേദനയും സുഖമൊക്കെ അനുഭവിക്കുന്നില്ല ഇവിടെ ശരീര താതാന്യം വന്നിരിക്കുന്നില്ല അപ്പൊ സ്വരൂപസ്ഥിതനായിരിക്കുന്നു താൻ എന്നുള്ളതുകൊണ്ട് ഇതൊന്നും വരാൻ പാടില്ലെന്നില്ല ഇതൊക്കെ വരികയോ വരാതിരിക്കുകയോ ചെയ്യുക വരുന്നാണ് ജാഗ്ര സ്വപ്നങ്ങൾ വരാതിരിക്കുന്നതാണ് സുഷക്തി അതേ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ സുശൃത്തിന്ന് അവിടെ ശരീരം കാണുന്നുണ്ട് ശരി എന്നാൽ അതിനെന്താ സമ്മാനം യഥ മനസേഷജ്ഞാന കൃഷ്ണൻ ശരീരം വ്യാപി അവതിഷ്ടേ തഥാ സുഷുത്വ ഭവതി ഇനി നോക്കുക പരിശോധിച്ചു സുഹൃത്തിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ശരീരത്തിനൊന്ന് പരിശോധിക്കുന്നു സുഹൃത്തിൽ എന്താണ് സംഭവിച്ചത് ആത്മാവിനെന്നുള്ളത് പറഞ്ഞുകഴിഞ്ഞു നിർവിശേഷമായി കേവലമായി ആനന്ദ സ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു അതീ ജാഗ്രതേക്കാളവിടെ സ്പഷ്ടമാണ് പക്ഷെ ശരീരത്തിനും ശരീരത്തെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നാൽ അല്ലൃതിയിലെ അസ്വരൂപത്തെ കുറിച്ച് ചിന്തിച്ച് അവിടെ അദ്വിതീയമായ വസ്തുവില്ല ഏകമാണ് അദ്വീയമാണ് എന്ന് ചിന്തിച്ച് നിശ്ചയിച്ചവനെ സംബന്ധിച്ചവന്റെ ശരീരത്തിന്റെ ശരീരചിന്തയുടെ ആവശ്യമില്ല കാരണം രണ്ടാമത് അതുകൊണ്ട് ജാഗ്രത്തിൽ ബോധിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ഈ ജാഗ്രത്തിൽ പോലും ഉണ്ടാവുന്നില്ല പിന്നെ സുശുദ്ധിയിൽ തത്വനെയും ജാഗ്രത്തിനെയും എങ്ങനെയാണ് കാണുന്നത് ഈ ശരീര താതാത്മ്യ ശൂന്യനായി കാണുന്നത് അപ്പൊ ഇവിടെ ഉണ്ടോ വേറിട്ടൊരു ശരീരവും പ്രാണനും മനസ്സും ബുദ്ധിയും അപ്പോൾ ഈ ജാഗ്രത പോലും ഈ ശരീര മനസ്സ് ബുദ്ധികളെ ആശ്രയിച്ച് ശരീര താഥാത്മ്യം കൊണ്ട് മനസ്സിന്റെ വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത പോലും തത്വജ്ഞാനിക്ക് ഏകവും അദ്വൈവമായ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ സുഷുത്തിൽ എന്താ പറയാ ഇതൊന്നുമില്ലാത്ത അവിടെ എന്താ സംഭവിക്കുന്ന ശരീരത്തിൽ എന്ന് ചോദിച്ചാൽ അതിന് സമാനം പറയുന്നു മനഃ അവിടെ ഈ മനസ്സെന്ത് ചെയ്യുന്നു ദാർവ്വഗ്നിപദ്റകിലെ തീ പോലെ വിറകിലെ തീന്ന് വെച്ചാൽ കത്താത്ത വിറകിലെ തീ പോലെ കത്താത്ത വിറകിലും തീയുണ്ടല്ലോ അതുപോലെ അതുകൊണ്ടാണ് അതിൽ നിന്ന് പ്രകടമായി വന്നത് കത്തിച്ചപ്പോ ഘർഷണം കൊണ്ടവിടെ പ്രകടമാകും അതുപോലെ എന്തു ഇവിടെ ദാർവാഗ്നിപദ് അവിശേഷ വിജ്ഞാന രൂപീണ അവിടെ ആ ശരീരത്തിനുണ്ട് വിജ്ഞാനം മതവിജ്ഞാന ശൂന്യമല്ല അതിനവിശേഷ വിജ്ഞാനം എന്ന് പറയും എന്താണ് അവിടെ ഇതാ ഞാൻ രാമനാണ് ഞാൻ ശിവമായി ഉറങ്ങുന്നു ഞാൻ ജ്ഞാനിയാണ് ഞാൻ അജ്ഞാനിയാണ് ഇങ്ങനെയുള്ള വിശേഷ വിജ്ഞാനങ്ങളൊന്നും അവിടെയില്ല തത്വജ്ഞാനി ഉറങ്ങുമ്പോ ഞാൻ എന്താ തത്വജ്ഞാനിയാണെന്നുള്ള ബോധത്തോടു കൂടി ഉറങ്ങുന്നു എന്നൊക്കെ പറയും എന്താണ് തത്വവിജ്ഞാനം എന്നുള്ള ബോധമില്ലാത്തവരൊക്കെ പറയും ഒന്നും സംഭവിക്കത്തില്ല എന്തുകൊണ്ട് തത്വജ്ഞാനി ഉറങ്ങിയാലും ജ്ഞാനിറങ്ങിയാലും ഒന്നും യാതൊരു വ്യത്യാസം അല്ല അജ്ഞൻ ഉറങ്ങിയാലും ഒന്നും ഒരു വ്യത്യാസം എന്തുകൊണ്ട് ആരും ഇറങ്ങിയാലും അത് കേവലമായ സ്വരൂപസ്ഥിതിയാണ് സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ല ഇനി ശരീരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാം അവദ്യകാര്യമാണ് ബുദ്ധിയുടെ വിലാസമാണ് ഇതെല്ലാം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നിശ്ചയത്തിലെത്തുകയാണ് ആ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിക്കുന്നു സ്വരൂപ ദൃഷ്ടി വിട്ടിട്ട് ശരീര ദൃഷ്ടിയിലേക്ക് ചിന്തിക്കുമ്പോൾ അവിടെ വിശേഷ വിജ്ഞാനമില്ലാതെ അവിശേഷ വിജ്ഞാനം എന്നാൽ ശരീരം അവിടെയും വിജ്ഞാനമയമാണ് ശരീരം ശരീരം ചൈതന്യമയമാണ് ശരീരം ചൈതന്യമയമാണെന്ന് ആ ശരീരത്തെ കണ്ടിട്ട് പറയണല്ലാതെ സുഷുത്തൻ പറയുകയല്ല സുൽത്ത ശരീരത്തെ കാണുന്നതും പറയണത് അവിടെ പ്രാണൻ സ്പന്ദിക്കുന്നുണ്ട് ജീവനുണ്ട് ജീവചൈതന്യം അവിടെ ശേഷിക്കുന്നു ജീവചൈതന്യം അവിടെ ബോധരൂപത്തിലല്ല മറിച്ച് പ്രാണരൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നു ആ പ്രാണപ്രവർത്തനത്തിന് ആ ശരീരത്തിലെ പ്രാണപ്രവർത്തനം ആ പ്രാണപ്രവർത്തന ഫലമായി സംഭവിക്കുന്ന രക്തസംക്രമണം പോലെയുള്ള പ്രവൃത്തികൾ ശാരീരികമായ പ്രവൃത്തികൾ ആ ശരീരത്തിലെ ഓരോ കോശത്തിലും നടക്കുന്ന പ്രവൃത്തികൾ ആ പ്രവൃത്തികളെ എല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള ബോധ ചൈതന്യം സൂക്ഷ്മമായി ആ ശരീരത്തിൽ അവിശേഷരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു അതെങ്ങനെയാണോ ഇപ്പോൾ ഈ ശരീരത്തിൽ അവിശേഷ രൂപത്തിലിരിക്കുന്നു ഈ ശരീരത്തിലും ഇപ്പോൾ വിശേഷരൂപത്തിൽ അവിശേഷരൂപത്തിന് രണ്ടു തരത്തിലും ചൈതന്യയിലുണ്ട് വിശേഷരൂപത്തിലൂടെ ചൈതന്യം ഇരിക്കുന്ന എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ ഈ ശരീരത്തിലൂടെ പുറത്തുപോയി വിഷയങ്ങളെയൊക്കെ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ശരീരത്തിൽ പീഢകൾ ആനന്ദമെല്ലാം അനുഭവിക്കുമ്പോൾ ഇവിടെ എനിക്ക് വേദനിക്കുന്നു ഇവിടെ എനിക്ക് സുഖാനുഭവപ്പെടുന്നു ഇങ്ങനെയെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വിശേഷ ചൈതന്യം ഈ ശരീരത്തിൽ പ്രവർത്തിക്കുകയാണ് അതേസമയം ഇതേ ശരീരത്തിൽ തന്നെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് വിശേഷ വിജ്ഞാനം കൂടാതെ താനീ ശരീരത്തെ സ്ഥിതി ചെയ്യുന്നു അവിടെ എന്താണ് അവിശേഷ വിജ്ഞാനം ഈ ശരീരത്തിൻ്റെ ഉള്ളിലെ ഓരോ കോശങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു അത് എനിക്കറിയത്തില്ല ഈ ശരീരത്തിൻ്റെ പ്രാണ അപാന വ്യാപാരത്തെ നിയന്ത്രിക്കുന്നു ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നു ഇത് എങ്ങനെ പോകുന്നു എന്നോ ഏത് സമയം വരെ നിൽക്കുമെന്നോ ഇതിന് എന്തൊക്കെ മാറ്റം വരുമെന്നോ ഒന്നും അറിയുന്നതിനുള്ള വിജ്ഞാനം വിശേഷ വിജ്ഞാനം കൂടാതെ തന്നെ ഇതെല്ലാം വേണ്ട രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതവിശേഷ വിജ്ഞാനം ഈ പ്രാണവ്യാപാരം ഏത് നിമിഷ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്നാലും എത്ര കാലം തുടർന്നാലും ഇതൊന്നും തൻ്റെ വിശേഷ വിജ്ഞാനത്തിന് വിഷയമേ എങ്ങനെയോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനെ നിയന്ത്രിക്കുന്ന ഒരു അവിശേഷ വിജ്ഞാനം തൻ്റെ ഉള്ളിലുണ്ട് അപ്രകടമായൊരു വിജ്ഞാനമാണ് അതാണ് ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാണന്റെ സഹായത്തോടു കൂടി അത് ഈ ജാഗ്രതത്തിൽ പോലും ഉണ്ടെങ്കിൽ പിന്നെ സൃഷ്ടിയിലെ കാര്യം പറയാനുണ്ടോ സൃഷ്ടിയിലും ആ വിശേഷ വിജ്ഞാനം വിറയിൽ ഒളിഞ്ഞിരിക്കുന്ന തീയപോലെ ഇതിനകത്തിരിപ്പുണ്ട് എന്ന് ശരീരദൃഷ്ടിയിൽ നിന്ന് പരിശോധിച്ചിട്ട് പറയുന്നു വിശേഷ വിജ്ഞാന രൂപീണ് കൃഷ്ണ ശരീരം വ്യാപ്യ അവദിഷ്ടത പാദം ശിരസ് വരെ അതിങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ് തഥാ സുഷുപ്തോ ഭൗതി അതാണ് സുഷുപ്തി എന്ന് പറയുന്നത് സുഷ്ടെ കുറിച്ചുള്ള മറ്റൊരു വിശദീകരണം അങ്ങനെയാണ് ജീവബ്രഹ്മ ഏകത്വം എന്നുള്ള വിശദീകരണം നമ്മൾ മനസ്സിലാക്കി തത്ര ഏതസ്മിൻകാല അനാഖ്യോ ദേവഹ അപ്പോ ഈ മനസ്സെന്ന് പറയുന്ന ദേവൻ അവിശേഷ വിജ്ഞാനത്തോടുകൂടിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ജീവൻ ശരിക്കും ഉറങ്ങിയിരിക്കുന്നതും ഉണ്ട് സാധാരണ നമ്മൾ ചിലവർക്ക് അറിയാം അങ്ങനെ ഉറങ്ങി പക്ഷെ ഉൾബോധത്തോടുകൂടി ഉറങ്ങി എന്ന് പറയും അവിടെ ഈ ശരീരത്തിൻ്റെ ആസ്വദിയിലൊരു ഉൾബോധമുണ്ട് ശരീര സംബന്ധിയായ ബോധം അങ്ങനെയാണോ എന്താണോ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ബോധം കെടുത്തിടുമ്പോൾ ഉള്ളൊരു ഉൾബോധം ഉള്ളിൽ പ്രവർത്തിക്കുന്നു ചില സമയത്ത് ബാഹ്യബോധം നഷ്ടപ്പെട്ട അതുകൊണ്ട് ബോധമുണ്ടാകും അതുപോലെ ഇവിടെ എന്താണ് അതിനൂടെ പറയുന്നത് അവിശേഷ വിജ്ഞാനം ആ അവിശേഷ വിജ്ഞാന സുഹൃത്തിയിൽ ഈ ശരീരത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടന്നതും ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ ഈ വീണ്ടും ഈ ശരീരത്തെ ഉപയോഗിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് അന്ന് കർമ്മം നടക്കണമെങ്കിൽ പിന്നിൽ ബോധം വേണം ശരീരത്തിൽ കർമ്മം നടക്കുന്നു പ്രാണം വ്യാപാരം നടക്കുന്നു പിന്നൽ ബോധമുണ്ട് പക്ഷെ പറയുന്നു ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്തുകൊണ്ട് അത് അവിശേഷ വിജ്ഞാനമാണ് ശരീര സംബന്ധിയായിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാനപ്പോൾ ഇവിടെ നിന്നുമായിരുന്നു വിഞ്ഞു ഞാൻ സ്വരൂപപ്രതിഷ്ഠിതനായിരുന്നു ഞാൻ സ്വരൂപസ്ഥിതനായിരുന്നു ഇത് വിജ്ഞാനത്തിന്റെ സ്ഥലം അവിടെ സംഭവിക്കുന്നു അതുകൊണ്ട് ങ്ങനെയാണോ അഹമ്മന്നിങ്ങനെ ശരീരത്തോടുള്ള താതാത്മ്യം അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് അധ്യാസം ഈ രൂപത്തിലവിടെ ആ ശരീരത്തോട് താതാത്മ്യം അല്ലെങ്കിൽ അധ്യാസ് സംഭവിക്കുന്നില്ല ശരീരത്തോട് ഈ താതാത്മ്യ അധ്യാസ് സംഭവിക്കുന്നതിനാണ് അതാണ് ആ വിശേഷ വിജ്ഞാനത്തിൻ്റെ അവിടെ അവിശേഷ വിജ്ഞാനം ഉണ്ടെന്ന് പറയുന്നു അവിടെ എന്തുകൊണ്ട് ഈ ശരീരം അറ്റുപോകുന്നില്ല ശ്രമത്തി എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നാണ് ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ട് വിറകിൽ നിന്ന് തീ അറ്റുപോകുന്നില്ല അങ്ങനെ പോയിരുന്നെങ്കിലും ഒരിക്കലും പിന്നെ അതിനെ ജ്വലിക്കാൻ കഴിയത്തില്ല അത് ജ്വലിക്കുന്നുണ്ടല്ലോ അപ്പം അവിടെയുണ്ട് അങ്ങനെ അവിടെ ഉണ്ട് ഏത് സമയത്തും ഉണ്ട് ജ്വലിച്ചാലും ജ്വലിച്ചില്ലെങ്കിലും ഉണ്ട് അതുപോലെ ചൈതന്യം സർവ്വവ്യാപിയാണ് സർവവ്യാപിയായിരിക്കുന്ന ശരീരത്തിന് സർവത്രയിരിക്കുന്നു ഓരോ രൂപത്തിലിരിക്കുന്നു എന്നർത്ഥം വിജ്ഞാനം തന്നെ ഈ ജീവശരീരത്തിൽ സുഷൃക്തിയിൽ അവിശേഷ വിജ്ഞാന രൂപത്തിലിരിക്കുന്നു പിന്നെ അത് തന്നെ മൃതശരീരമായാലോ അവിടെ വിശേഷ വിജ്ഞാനമില്ല അവിശേഷ വിജ്ഞാനമില്ല രണ്ടും വിട്ടിട്ട് സത്താ സാമാന്യ രൂപത്തിൽ അതിരിക്കുന്നു എന്നതിൻ്റെ വ്യത്യാസം അതുകൊണ്ടെന്തെയ്യുന്നു അത്ര ഏതശങ്ക ആശ്രഷത്തിയിൽ ഏഷ മനാഖ്യോദേവഹായി ജീവൻ മനസ്സെന്ന് വിളിച്ച ആ ജീവൻ എന്തുപറയുന്നു സ്വപ്ന പശ്യതി അവിടെ ഒരു സ്വപ്നം ഒന്നും കാണാൻ കഴിയുന്നില്ല ദർശനദ്വാരസ്യ നിരുദ്ധത്വ ദർശനദ്വാനമെല്ലാം അടയ്ക്കപ്പെട്ടു ആ ദർശനത്തിനുള്ള വഴി അവിടെ അടച്ചു കളഞ്ഞു ഇങ്ങനെ അവൻ പുരീതം നാടിയിൽ പ്രവേശിച്ചു ഹൃദയത്തിൽ പ്രവേശിച്ചു എന്നവന് പുറത്തു വരാൻ കഴിയുന്നില്ല എങ്ങനെയാണോ ആമ അതിന്റെ തലയും കൈയും കാലും എല്ലാം മരിച്ചവൻ്റെ ഉള്ളിലേക്കിരിക്കുന്നു അതുപോലെ അവനെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നു സൃഷ്ടിച്ചത് ദർശന ദ്വാരങ്ങളെല്ലാം അടഞ്ഞുപോയി ുഖം വിജാബാധ വിശേഷേണ ശരീരവ്യാപകം പ്രസന്നം അത്രേഷ പശ്യത്തിന് ശരീരം ശരീരത്തിൽ ശാന്തിസുഖം അനുഭവിക്കുന്നു ശാന്തമായി ഇറങ്ങുന്നു അപ്പോൾ ശരീരം അവിടെ നിശേഷ്ടായിരിക്കുന്നു അപ്പോൾ ശരീരത്തിന് പൂർണമായ വിശ്രാന്തി ലഭിക്കുന്നു അതുകൊണ്ടാണോ വീണ്ടും ശരീരത്തിന് ഊർജസ്വലമായി കർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നു ആ ഒരു വിശ്രാന്തി ഇല്ലെങ്കിൽ ആ വിശ്രാന്തിയാണ് അവിടുത്തെ സുഖം പിന്നെ ശരീരത്തിന് ശരിയായില്ല എന്ന് പറയും പ്രവർത്തിക്കാനുള്ള എല്ലാ ഉന്മേഷവും നഷ്ടപ്പെട്ടു പോകുന്നു ശരീരത്തിൽ വലിയ ഭാരം അനുഭവപ്പെടുന്നു മനസ്സ് മൂടിക്കെട്ടി ആകാശം പോലെ പറയും മൂഡ് ഓഫ് എന്ന് പറയും അത് ശരിയാവുന്നല്ലുന്നു ഉണന്ന് വരുമ്പോൾ ആ സുഖം വരുന്നത് ആത്മാവിലല്ല സുഖം എവിടെ അനുഭവപ്പെടുന്നത് തന്റെ മനസ്സിൽ തൻ്റെ ശരീരത്തിലൊക്കെ അനുഭവപ്പെടുന്ന സുഖം അല്ലാരെങ്കിലും ആത്മാവിൽ പോയി സുഖത്തെ കണ്ടിട്ട് വരുന്നുണ്ട് വളർന്നു വരുമ്പോൾ സുഖക്ക് സുഖം തോന്നുന്ന ഈ ശരീരത്തിലും മനസ്സിലുമൊക്കെ തന്നെയാണ് പറയും ഇപ്പോൾ നല്ല ഉന്മേഷമുണ്ട് ആർക്കാ ഉന്മേഷമുണ്ട് ഈ കർണങ്ങൾക്ക് വാഗാതെ ഇന്ദ്രിയങ്ങൾക്ക് ശരീരത്തിനും മനസ്സിൽ മനേഷം മുഖ്യമായും വരുന്നും മനസ്സിനാണ് അതൊരു കരണമാണ് എനിക്കിപ്പോൾ പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ആ സുഖം വാസ്തവത്തിൽ അനുഭവിക്കുന്നത് എവിടെ തന്നെ ശരീരത്തിൽ വേദന വന്നു കഴിഞ്ഞാൽ വേദന എവിടെ അനുഭവിക്കുന്നു ഈ ശരീരത്തിൽ തന്നെ ആത്മാവ് സുഖസുരൂപം അതൊക്കെ വേറെ പക്ഷേ താൻ അനുഭവിക്കുന്ന എവിടെ ഈ ശരീരത്തിൽ അതുപോലെ സുഖം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ തന്നെയാണ് അസുഖം അതിന്റെ വിശദീകരണത്തിൽ പറയും അസുഖ ശരീരത്തിലല്ല അത് അന്ധക്കണ്ണത്തിലാണ് അന്ധക്കണ്ണത്തിൽ അസുഖം വരുന്നത് ആത്മസാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം വേറെ വിശദീകരണങ്ങൾ പക്ഷെ തന്നെ അനുഭവിക്കുന്നവിടെ ഈ ശരീരത്തിൽ തന്നെയാണ് അനുഭവിക്കുന്നത് പറയുന്നു ഇപ്പോൾ നല്ല അസ്വസ്ഥതയുണ്ട് എന്ന് പറയുന്നു ശരീര സംബന്ധിയായാണ് അത് അനുഭവിക്കുന്നത് അക്കാര്യ പറയുന്നു ശ്രുതിജസ് അഭിഭൂതോഭവതി അത്ര ദവ്ന പശ്യത്തി അഥ തന്നെ വിശദീകരിക്കും ഏതസ്മിൻ ശരീരേദസുഖം ഭവതി അപ്പൊ ഈ ശരീര സ്വസ്ഥമാണ് തൻ ഈ ബാഹ്യ വ്യാപാരങ്ങളെല്ലാം വിട്ട് സ്വരൂപ പ്രതിഷ്ഠിതനായിരിക്കുമ്പോൾ ഈ ശരീരം ഈ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും ഈ ജാഗ്ര സ്വപ്നങ്ങളെ അപേക്ഷിച്ച് എന്ന് പറയും അവിടെ അവയ്ക്ക് പ്രവൃത്തിയുണ്ടാകുമ്പോൾ പരമമായ ആനന്ദത്തെ വിശ്രമത്തെ ശാന്തിയെ സുഖത്തെ അനുഭവിക്കുന്നു അത് നമ്മുടെ അനുഭവം എങ്ങനെയാണ് അത് ഏതസ്മിൻ തഥാ ഏതസ്മിൻ ശരീരം ഇനി അത് കഴിഞ്ഞ് വീണ്ടും ജാഗ്രതത്തിലേക്ക് വന്നാലും സ്വപ്നത്തിൽ നിന്ന് സുഷൃത്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ആ സുഖം പിന്തുടരും ആണ് പറയുന്നത് ആ നല്ല സുഖമുണ്ടാവും ഈ സുഖം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആ സുഹൃത്തിൽ ഈ ശരീരം നിശ്ചേഷ്ടമായി കിടന്നപ്പോൾ ആ ശരീരത്തിലുണ്ടായിരുന്ന അവിടെ മനസ്സാണെങ്കിലോ വിശേഷ വിജ്ഞാന രൂപത്തിലെങ്കിലും അവിശേഷ വിജ്ഞാന രൂപത്തിലിരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആയാസം കുറഞ്ഞു അതിന്റെ ശ്രമമെല്ലാം വിട്ടിട്ട് അതും അവിടെ ശാന്തി അനുഭവിക്കുകയുണ്ട് എപ്പോഴും അങ്ങനെയാണല്ലോ യത്നം പ്രയത്നമാണ് ശാന്തി ഉണ്ടാക്കുന്നത് യത്നയുടെ അവസാനിക്കുന്നു അവിടെ ശാന്തി അതുകൊണ്ടാണ് ജോലി ചെയ്യാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പണിയെടുക്കുന്ന ക്ലേശം ശരീരത്തിന് ക്ലേശം മനസ്സിന് ക്ലേശം അതുകൊണ്ട് പറയും ഞാൻ സ്വല്പസമയം ഒന്ന് വെറുതെ ഇരുന്നോട്ടെ എന്നെ ഉപദ്രവിക്കരുത് വെറുതെ ഇരിക്കുന്ന സുഖം അത് അവിടെ ആ വെറുതെ ഇരുന്ന സുഖം അവിടെ അനുഭവിച്ചത് അനുഭവിച്ചത് ഉണരുമ്പോൾ അവിടെ നല്ല ഇങ്ങോട്ട് വരുന്നത് പറയുന്നുവ ഞാൻ നല്ല സുഖമായി ഉറങ്ങി എന്ന് പറയുമ്പോൾ അവിടെ ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് പറയണം അപ്പോൾ ഉറക്കമല്ല പക്ഷെ ഉണർന്നു വന്നപ്പോൾ അത് തന്നോടൊപ്പം വന്നു കുറച്ച് സമയം നിൽക്കും വീണ്ടും ഇത് ആയാസങ്ങളിലേക്ക് പോകുമ്പോൾ വ്യവഹാരങ്ങളിലേക്ക് മുഴുവൻ പോ നഷ്ടപ്പെടും നഷ്ടപ്പെട്ടിട്ട് അവിടെ സുഖത്തിന്റെ സ്ഥാനത്ത് ദുഃഖം കൂടി കൂടി വരും അതൊരു പരിധിയിലെത്തിച്ചേരുമ്പം വീണ്ടും സഹജമായി തന്നെ വീണ്ടും ആ അസുഖത്തിലേക്ക് മടങ്ങിപ്പോകുന്നു അത് പ്രകൃതി തന്നെ അത് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെ അതിനുള്ള അവസരത്തെ ഒരുക്കുന്നു അപ്പോൾ ഉറക്കം വരുമ്പോൾ അതിനോട് മെൽപ്പിടുത്തം നടത്തിയിട്ട് വല്ല കാര്യമുണ്ട് തലകുടഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ട് ഒരു കാര്യമില്ല അത് പ്രകൃതി തന്നെ അതങ്ങനെ ഒരുക്കിയിരിക്കുകയാണ് ആ ചൈതന്യം തന്നെ ഈ സംവിധാനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് പറയുന്നെന്താണ് ഏതസ്മിൻ ശരീരം ഏത് സുഖം ഭൗതി അവിടെയും സുഖമായിരുന്നു എങ്ങോട്ട് വന്നപ്പോൾ സുഖമായിരുന്നു എന്ന് പറയുന്നു ം നിരാപാധം അവിശേഷീണ്ണ ശരീരവ്യാപകം പ്രസന്നം ഭവതി അവിടെ എന്ത് വിജ്ഞാനം അതിൻ്റെ വ്യാപാരങ്ങളൊന്നും കൂടാതെ അതാണ് നിരാപാധം അതിന് അസുഖങ്ങളൊന്നും വരാതെ എന്താണ് സുഖ ദുഃഖാതി അനുഭവങ്ങളൊന്നും വരാതെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളൊന്നും വരാതെ ബാധകളൊന്നും കൂടാതെ നിരാബാധമായി അവിശേഷ വിശേഷ വിജ്ഞാനം കൂടാതെ കേവല ചൈതന്യമായി ശരീരവ്യാപകം പ്രസന്നംഭൂതി ശരീരത്തിൽ വ്യാപിച്ച് പ്രസന്നമായി ശാന്തമായിരിക്കുന്ന സുഴുത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാം സുഴുത്തിൽ ശരീരത്തിന് പരിപൂർണമായ വിശ്രാന്തിയാണ് ഏതൊരു ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ഞാൻ ആ സൃഷ്ടി എന്ന അവസ്ഥയിലേക്ക് പോയത് ഏതൊരു ശരീരത്തെ ആശ്രയിച്ചിട്ടാണോ ഞാൻ എൻ്റെ സഹജമായ മുക്തി എന്നുള്ള അവസ്ഥയിലെത്തിച്ചേർന്നത് ആ ശരീരം ആ അവസ്ഥ ശരീരത്തിനും മുക്തിയെ കൊടുക്കും ശരീരം അവിടെ മുക്തമായിരിക്കുന്നു ശാന്തമായിരിക്കുന്നു അന്ന് എത്ര കഠിനമായ വേദനയുള്ളവനും എത്ര രോഗമുള്ളവനും ആ സുഷുപ്തി വിശ്രാന്തിയിൽ ഒന്നുമില്ലാത്തവനായി പരമമായ ശാന്തിയിലിരിക്കുന്നു ശാരീരിക പീഡ പോലും അവിടെ ഇല്ലാതാവുന്നു അതിന് കഴിഞ്ഞാൽ സുഷ്ടെത്താൻ കഴിഞ്ഞാൽ അസുഷയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പീഡ എല്ലാം അനുഭവിക്കും വേദനയൊക്കെ അനുഭവിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് വലിയ വേദനയ്ക്കുള്ളവർക്ക് മോർഫിനൊക്കെ കൊടുത്ത് ഉറക്കുന്നത് വേദന അറിയാതിരിക്കും അതും ശരിയാകുന്നില്ലെങ്കിൽ അവിടെയും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അതിലൂടെ ശരിയായ സുഷിലെത്തിച്ചേർന്നാൽ പരമാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കും ശരീരവ്യാപകം പറയുന്നു വിജ്ഞാന രൂപം സ്വരൂപസുഖം മനസ്സിലാവും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വരൂപസുഖം അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് അവിജ്ഞാനം തന്നെ വിജ്ഞാനം ആനന്ദമായി പ്രണമിക്കുകയോ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ സഹകാരി ആയവരാനന്ദ വിജ്ഞാനം തന്നെയാണ് ആനന്ദം അതിനെ തന്നെയാണ് സ്വരൂപസുഖം എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് സ്വരൂപവിജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ സുഷുതിയിൽ കേവലമായ വിജ്ഞാനം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കേവലമായ സുഖം സ്ഥിതി ചെയ്യുന്നു അർത്ഥം അപ്പോൾ വിജ്ഞാനം തന്നെയാണ് സുഖമെന്ന് പറയുമ്പോൾ സുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പല വിപരീത ഭാവനകളും ഇല്ലാതാകും പിന്നെ സുഖം തന്നെ വിജ്ഞാനം എന്ന് പറയുമ്പോൾ വിജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പല സങ്കല്പങ്ങളും കൽപ്പനകളും നമ്മുടെ കല്പനകളെവിടെയൊക്കെയാണ് പോകുന്ന അനുഭൂതി എന്തോ ഒരു വിചിത്രമായ അനുഭൂതികളാണ് ഇങ്ങനെയൊക്കെ പോകുന്ന നമ്മുടെ കൽപ്പനകളെല്ലാം അവസാനിക്കും വിജ്ഞാനം ഒന്ന് സുഖമൊന്നും കൊണ്ട് രണ്ടു ഏതൊരു ശാന്തിയാണോ താൻ അവിടെ അനുഭവിച്ചത് ഏതൊരു ശാന്തിയാണോ അവിടെ ഈ ശരീരം അനുഭവിച്ചത് ഏതൊരു ശാന്തിയിലാണോ ഇതിൽ സ്ഥിതി ചെയ്തത് അത് ശരിയാണ് അവിടുത്തെ ആ പരവമായ ശാന്തിയിൽ സ്ഥിതി ചെയ്തതുകൊണ്ടാണ് ഈ ശരീരത്തിന് ശാന്തി വന്നത് അത് പറയുന്നു സുഖസ്വരൂപം വിജ്ഞാന രൂപം സുഖസ്വരൂപം അവിടെ സ്ഥിതി ചെയ്യുന്ന പറയുന്നു സ്വരൂപസുഖമേവ വിശേഷ വിജ്ഞാന വിക്ഷേപഭാവേ വിശേഷ വിജ്ഞാനങ്ങളൊന്നും കൂടാതെ അത്ര വിക്ഷേപങ്ങളാണ് ആനയെ കാണുന്നു കുതിരയെ കാണുന്നു ഇതെല്ലാം കൂടാതെ സ്വരൂപസുഖം തന്നെ നിർവാതസ്ഥ ദീപ പ്രഭാവ കാറ്റില്ലാത്ത ഇടയിരിക്കുന്ന ദീപത്തിന്റെ പ്രകാശം പോലെ സമ്യക്കാശതേ അത് സമ്യക്കായി പ്രകാശ പ്രകാശിക്കുന്നു എന്നർത്ഥം ഇതൊക്കെ പറയുന്ന നമുക്ക് മനസ്സിലാകാം സുഷിതിയെ കുറിച്ചാണ് സംശയം കൂടാതെ മനസ്സിലാക്കാം പക്ഷെ നമുക്ക് മനസ്സിലായാലും കലാവിദ്വാൻമാർക്കും മനസ്സിലാകത്തില്ല അനേനന്ദമയ കോശ ശബ്ദിതോശ്ദം മന ആദിവാസനാതജ്ഞാതം സുഷുതധർമ്മീത്യുക്തം ഞാൻ ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്തുപോലെയല്ല വ്യാഖ്യാതവ് പറയുന്നത് എന്താ പറയുന്നത് വ്യാഖ്യാതവ് പറയുന്നത് ഇതുവരെ പറഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഷൃത്തിയിൽ അജ്ഞാനം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇവിടെ എന്ത് പറഞ്ഞു എന്നുള്ള അനേന ആനന്ദമയ കോശ് ആനന്ദമയ കോശത്തെ കുറിച്ചാണ് പറയുന്നത് അനഭിവ്യക്ത മനസിനോടുകൂടി അജ്ഞാനം സുഷു അജ്ഞാനമാകുന്ന ധർമ്മത്തോടുകൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്യുക്തം പഞ്ചമപ്രശ്ന ഉത്തരം തുല്യ സ്വരൂപം അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി പറയേണ്ടത് തുര്യത്തെ കുറിച്ചാണ് അതിവിടെ പറഞ്ഞില്ല ഇവിടെ സുഹൃത്തേക്കുറിച്ചാണ് പറഞ്ഞത് ഇത് അജ്ഞാനത്തോടു കൂടിയ അവസ്ഥയാണ് എന്ന് പറയും അങ്ങനെയും ഇത് വ്യാഖ്യാനിക്കുമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയും പഞ്ചമപ്രശ്നസി ഉത്തരം തുരിയസ്വരൂപം അത് വേറെ പറയേണ്ടതാണ് പറയാതെ വിവേകസൗകര്യ വിവിച്ച് അത്ര വിവിച്ചത് അപ്പോ തുല്യം എന്ന് പറയുന്ന ഒരു വാക്യം ഇവിടെ ഭാഷകാരൻ പറഞ്ഞില്ല ആത്മസ്വരൂപം എന്നുള്ള അല്ലാതെ മൂന്ന് കഴിഞ്ഞ് നാലാമത്തെ ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ ഒരർത്ഥത്തിൽ തുല്യ ശബ്ദം പറഞ്ഞതേ പറയുന്നു ഇവിടെ ഇനി സുഴുത്തിയെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ തുല്യനെ കുറിച്ച് പറയുന്നു എന്നാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞതൊന്നും തുര്യനെ കുറിച്ചല്ല അജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞത് സുഷുത്തിയിൽ അജ്ഞാനത്തെ സ്വീകരിച്ചേയും മതിയാവും എന്ന് പക്ഷമുള്ളവർ പറയും അജ്ഞാനമില്ലാത്തവരെ സുഷുതി അങ്ങനെ ഒന്നില്ല എന്നാണ് അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതല്ല അജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു ഇനി തുരിയെ കുറിച്ച് പറയാൻ പോകുന്നു ഭാഷ്യം ഏത് രീതിയിൽ പോകും വ്യാഖ്യാനം ഏത് രീതിയിൽ പോകുമെന്നുള്ള ഒരു ഉദാഹരണം ഞാനിവിടെ പല ഭാഗങ്ങളിലും ഇതു കൊണ്ട് അടുത്ത് കാണിക്കുന്നു അടുത്ത് പറയാൻ പോകുന്ന ഭാഗം എന്താണ് ഏതസ്മിൻ കാലേ വ്യക്തമായി പറയുന്ന ഭാഷകാലം ഈ കാലത്ത് ഈ കാലം എന്ന് പറയുന്ന എന്താണ് ഈ സൂക്ഷിതയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അവിദ്യ കാമ കർമ്മ നിബന്ധനാനി കാര്യകരണാനി ശാന്താനുഭവന്തി അവിദ്യ കാമ കർമ്മങ്ങൾ ഹേതുവായി പ്രവർത്തിക്കുന്ന ഈ കാര്യകർണങ്ങളെല്ലാം അവിടെ ശാന്തമായി നടത്തും ശാന്തമായി എന്ന് പറഞ്ഞപ്പോൾ മുമ്പ് വിശദീകരിച്ചതുപോലെ ഈ ശരീരത്തിന്റെ ശാന്തിയാണ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല സ്വരൂപസ്ഥിതിയാണെങ്കിൽ അതെടുക്കാം രണ്ടു രീതിയിലും വിശദീകരിച്ചു തേഷു ശാന്തേഷു അതെല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോ ആത്മസ്വരൂപം ഉപാധിഭിർ അന്യഥാവിഭാവ്യമാനം അദ്വയം ഏകം ശിവം ശാന്തം ഭവതി തേഷുശാന്തേഷു ആത്മസ്വരൂപം ഉപാധിഭിർ അന്യഥാവിഭാവ്യമാനം സുഹൃത്തുക്കളെക്കുറിച്ച് പറയുകയാണ് ഇതെല്ലാം ഇങ്ങനെ ശാന്തമായിരിക്കുമ്പോൾ ആത്മസ്വരൂപം എങ്ങനെയുള്ള ആത്മസ്വരൂപമാണ് ഉപാധികളെ കൊണ്ട് അന്യഥാവിഭാവ്യമാനം മറ്റു പലതരത്തിലും പ്രകടമാകുന്ന ആത്മസ്വരൂപം മറ്റു തരത്തിലങ്ങനെ ജാഗ്രതായും സ്വപ്നമായും പ്രകടമാകുന്ന ആത്മസ്വരൂപം ഇവിടെ ഏകശിൻകാലേ ഈ സുഷുതി ഇവിടെ സുഷൃതിക്ക് അപ്പുറം പോയി ഒരു തുരിയെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇതാണ് എന്റെ നേരിട്ടുള്ള അർത്ഥമെന്ന് പറയുന്നത് അവിടെ ഏതൊരാത്മാവാണോ ഉപാധികളെ കൊണ്ട് അന്യഥാ വിഭാവ്യമാനമാകുന്നത് മറ്റു തരത്തിൽ പ്രകടമാകുന്നത് എന്നുവെച്ചാൽ തന്റെ സ്വരൂപത്തിൽ നിന്ന് വേറിട്ട് മറ്റു തരത്തിൽ പ്രകടമാകുന്നത് ആത്മസ്വരൂപം എവിടെ ഏതസ്മിൻകാലെ ഈ സുഷുതി കാലത്തിൽ എങ്ങനെയായിരിക്കുന്നു അദ്വയം അദ്വയമായിരിക്കുന്നു പിന്നെ ഏകം അവിടെ രണ്ടാമതൊന്നുമില്ല അതുകൊണ്ടാണ് അദ്വയം എന്ന് പറഞ്ഞിട്ട് ഏകമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞത് അവിടെ അജ്ഞാനമോ വാസനയോ സംസ്കാരമോ ഒന്നുമില്ല പിന്നെന്താണത് അതിശിവ ശാന്തം ഭവതി ശാന്തമായി എന്നർത്ഥം അതാണ് എൻ്റെ പരമാർത്ഥമായ സ്ഥിതി എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാഖ്യാതാവ് പറയാണ് ഈ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയെ കുറിച്ചല്ല ഇത് തുരിയെ കുറിച്ചാണ് പറയുന്നത് അസ്മിൻ കാല ഈ കാലത്തിൽ തന്നെയെന്ന് പറയും അപ്പോ പിന്നെ അവിദ്യ കാമ കർമ്മ നിബന്ധനമായ കാര്യകരണങ്ങൾ ഇല്ലാതായി പറയും അവിദ്യ കാമകർമ്മങ്ങളെ കൊണ്ട് എന്താണോ സംഭവിക്കേണ്ട അതെന്ന ഇല്ലാതായി ഇല്ലാതായിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചോടെ അദ്വയം ഏകം ശിവം ശാന്തം അതാണ് അവിടുത്തെ സ്വരൂപം അദ്വയം ശിവം ശാന്തമായി ഏതസ്മിൻ കാല എന്ന് തന്നെ പറയുമ്പോ സുഹൃത്തി എടുക്കാതെ എന്തുകൊണ്ട് ഇത് ഈ സുഹൃത്തി കടന്ന് ഇനി നാലാമത് തുര്യൻ എന്ന് പറയുന്നത് ഒന്നിനെ വ്യാഖ്യാനിക്കാണ് എന്ന് വ്യാഖ്യാനിക്കാൻ എന്താ കാരണം മാണ്ഡൂക്യം ആ ഏത് അല്ല മാണ്ടൂക്യം മാണ്ഡൂക്യത്തിലെ നാലെണ്ണം പറയുന്നു മുണ്ടകത്തിലും പറയുന്നുണ്ടെന്നാലും വളരെ വ്യക്തമായി പറയുന്ന മാണ്ഡൂക്യത്തിലാണ് ചതുർത്ഥം ആത്മാവിജ്ഞം തുര്യം എന്ന് പറയുന്നത് മണ്ഡൂകൃത്തിലാണ് മണ്ഡൂകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് മാണ്ഡവീയത്തിൽ അങ്ങനെ വേർതിരിച്ച് പറഞ്ഞതുകൊണ്ട് അത് മനസ്സിലിരിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സുശൃത്തിയാണ് പരമാർത്ഥം എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞല്ല ഇത് സുഹൃത്തിയെ കുറിച്ചല്ല പറയുന്നത് ഇത് തുര്യനെ കുറിച്ചാണ് പറയുന്നത് അത് രണ്ടും രണ്ട് പ്രക്രിയയാണെന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത കൊണ്ടാണ് മാണ്ഡുവയ്ക്കത്തുള്ള പറഞ്ഞാൽ ശരിയാണ് ശാന്തം ശിവം അദ്വൈതം എന്ന് അവിടെ തുലിയനെ കുറിച്ച് പറഞ്ഞാൽ ശരിയാണ് സുഹൃത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ല സുഹൃത്തി ഒരു തരത്തിൽ വിശദീകരിച്ചിട്ട് പിന്നെ ചതുർത്ഥം എന്ന് പറഞ്ഞു പറഞ്ഞു സുഹൃത്തിയെക്കുറിച്ചും അവിടെ പറഞ്ഞു എന്നാലും ചതുർത്ഥമെന്ന് പറഞ്ഞ അടുത്ത് പറഞ്ഞു അവിടുത്തെ പ്രക്രിയ അത് തന്നെയാണ് സുഷൃത്തി അവിടെ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ സുഷൃത്തിക്ക് അപ്പുറം ഒരു ചർച്ചയേ ഇല്ല നാലാമത്തതെന്ന് പറഞ്ഞൊരു ചർച്ചയില്ല പക്ഷികാരനങ്ങനെ ചർച്ച ചെയ്യുന്നില്ല മന്ത്രത്തിലും ചർച്ച ചെയ്യുന്നില്ല പക്ഷെ വ്യാഖ്യാതാക്കൾക്ക് ഇവിടെയും വേർതിരിക്കുന്നത് സുഷൃതി എന്ന് പറയുന്ന അജ്ഞാനധർമ്മിയാണ് പിന്നെ ശാന്ത ശിവ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുഷ്ടിയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് സുഷൃഷ്ടിയല്ല അതും കവിഞ്ഞ് നാലാമതൊന്നുമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വേർതിരിച്ചത് കൊണ്ടാണ് ഇതിന്റെ അദ്വൈതത്തിന്റെ ഒരു ശരിയായ പ്രക്രിയ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതാണ് കാരണം അതും പറയുന്നുണ്ട് പഞ്ചമപ്രശ്ന അതവിടെയും പറയുന്നു അഞ്ചാമത്തെ ചോദ്യം അവിടെയും പറയുന്നുണ്ട് ഉത്തരം തുരിയ സ്വരൂപം വിവേകസൗകര്യ ദുവിച്ച് അത്രയോ ചെയ്ത് ഇവിടെ സുഷൃത്തിയിൽ തുരിയനെ വിശദീകരിക്കുകയാണ് സുഷൃത്തി അജ്ഞാനത്തോടു കൂടിയതാണോ സുഷുത്തി അജ്ഞാനത്തോടു കൂടിയതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ എങ്ങനെയാണ് തുര്യനെ വിശദീകരിക്കുന്നത് സുഷൃത്തി അജ്ഞാനത്തോടു കൂടിയതാണെന്ന് പറഞ്ഞിട്ട് അതാണ് തുര്യനെന്ന് പറഞ്ഞല്ലോ അവിടെ അജ്ഞാനത്തെ നിഷേധിക്കേണ്ടി വരും പിന്നെ അജ്ഞാനത്തിനോട് നിലയില്ല അല്ലെങ്കിൽ ഇവിടെ ഭാഷകാരൻ വിശദീകരിക്കുന്ന പോലെ രണ്ട് ദൃഷ്ടി ഒന്നാം സ്വരൂപദൃഷ്ടി അതുതന്നെയാണ് പരമാർത്ഥം അതിനപ്പുറം ഇനിയൊരു പരമാർത്ഥം നാലാമതൊരു പരമാർത്ഥമല്ല പിന്നെ ശരീരദൃഷ്ടി ശരീരദൃഷ്ടിയിൽ അവിടെ അവിദ്യയോ മനസ്സോ എന്തൊക്കെയുണ്ടോ അതെല്ലാം പറയാം അതൊക്കെ ശരീരദൃഷ്ടിയിൽ പറയുന്നു ആ ശരീരദൃഷ്ടിയിൽ അതിനെ അംഗീകരിക്കേണ്ടി വരുന്നു പക്ഷെ സുഷുഷ്ടയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സുഷുക്തി സ്വരൂപമായിരിക്കുന്ന തുര്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല സുഷുക്തിക്ക് അപ്പുറമുള്ളത് ഒരു തുരിയനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് തുര്യൻ എന്ന് പറയുന്ന ശബ്ദം ഇവിടെ തുര്യൻ എന്താണ് ആ സുഷുക്തി ഏതൊരു തുര്യനാണോ ജാഗ്രത സ്വരൂപനായും സ്വപ്നസ്വരൂപനായും ഇരിക്കുന്നത് അവൻ തന്നെ സുഷുക്തി സ്വരൂപനായും ഇരിക്കുന്നു എന്ന് അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്വരൂപം എന്താണ് അവിദ്യാകാമ കർമാതി ശൂന്യമാണ് അവിടെ അത് ശിവം ശാന്തം അദ്വയം എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അതിന് സുഷുപ്തി തന്നെ പര്യാപ്തമാണ് അത് കഴിഞ്ഞ് അതിനപ്പുറം പോയി വേറൊരു അവസ്ഥയെ നിരൂപണം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് അതുകൊണ്ട് ചോദ്യങ്ങളിലും അതിൻ്റെ വ്യത്യാസം ഞാൻ കൂടി വിശദമാക്കും ശാന്തി ശാന്തി ശാന്തി